ആ പട്ടണങ്ങളുടെ വാർത്തകളിൽ ചിലത് നാം നിനക്ക് വിവരിച്ചു തരുന്നു അവരുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുക്കൽ വന്നിരുന്നു എന്നാൽ മുമ്പ് അവർ നിഷേധിച്ച കാര്യത്തിൽ വിശ്വസിക്കാൻ അവർ തയ്യാറായിരുന്നില്ല സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ അള്ളാഹുസുബെഹാനഹുവ ചായ ഇപ്രകാരം മുദ്രവെക്കുന്നു